വസുദേവര് നന്ദഗോപരെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു ഇത്രകാലം ഒരു കുഞ്ഞിയില്ലാതെ വിഷമിച്ചിരുന്ന അങ്ങയ്ക്ക് ഇതാ ഇപ്പൊ പുത്രനുണ്ടായിരിക്കുന്നു അങ്ങ് ഭാഗ്യവാനാണ് ചിരകാലമായിട്ടില്ലാത്തൊരു ഭാഗ്യം അങ്ങക്ക് ലഭിച്ചിരിക്കുന്നു ദുർലഭം പ്രിയദർശനം ഇപ്പൊ പ്രിയദർശനം ഉണ്ടായിരിക്കുന്നു അങ്ങക്ക് എന്റെ ഒരു കുട്ടി ആ കുട്ടി അമ്മയോടുകൂടെ അതായത് രോഹിണി തനയനായി ബലരാമൻ അവിടെ വളരുന്നുണ്ട് ആ കുഞ്ഞിനെ സ്വന്തം പുത്രനെ പോലെ അങ്ങ് വളർത്തണം ഇതെന്റെ ഒരു പ്രാർത്ഥനയാണ് എന്ന് വസുദേവര് പറഞ്ഞു അങ്ങേ അച്ഛനായി കരുതികൊണ്ട് അവിടെ വസിക്കുന്നു ആ കുഞ്ഞിനെ വളർത്തണം ഇത്രയും പറഞ്ഞു കഴിഞ്ഞു നന്ദഗോപുരി യാത്രയായി പോകുമ്പോ നന്ദഗോപുര പറയുന്നു കഷ്ടം എല്ലാരും വിധിയുടെ കയ്യില് വെറും പാതകളാണ് ഈശ്വരൻ നമ്മളെ എങ്ങനെ കളിപ്പിക്കുന്നു അങ്ങനെ കളിക്കാനേ നമുക്ക് സ്വാതന്ത്ര്യമുള്ളൂ സ്വേച്ഛ സ്വന്തം ശക്തി എന്നൊക്കെ പറയാം നല്ലാതെ ഈശസ് ഹി വശേലോക യോഷാ ദാരുമയഥ കയ്യില് കളിപ്പാട്ടങ്ങളാണ് നമ്മളൊക്കെ സ്വേച്ഛ എന്ന് നമ്മൾ പറയുള്ളൂ ഈ സ്വേച്ഛ ആരുടെ ഇച്ഛയാണോ സ്വേച്ഛ ആലോചിച്ചു നോക്കിയാൽ സ്വേച്ഛയൊന്നുമില്ല നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടാണോ നമ്മൾ ജനിച്ചത് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടാണോ നമുക്ക് ശരീരം കിട്ടിയത് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടാണോ നമുക്ക് സൗന്ദര്യമോ അല്ലെങ്കിൽ ശരീരത്തിന്റെ വർണ്ണമോ തലമുടി നീണ്ടത് വേണോ ഒക്കെ നമ്മളുടെ അടുത്ത് ചോദിച്ചതാണോ തന്നത് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടാണോ ശരീരത്തിന് വ്യാധി വരണത് സുഖം കിട്ടണത് ദുഃഖം കിട്ടണത് എല്ലാം കാലാകാലത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു സുഖം വരുമ്പോ വേണ്ടാന്ന് പറയാനും വയ്യ ദുഃഖം വരുമ്പോ വേണ്ടാന്ന് പറയാനും വയ്യ സുഖം വരുമ്പോ നിൽക്കണം എന്ന് പറയാനും നമുക്ക് അർഹതയില്ല ദുഃഖം വരുമ്പോ വേഗം വിട്ടുപോകണം എന്ന് പറയാനും നമുക്ക് അർഹതയില്ല നമ്മള് ആ പ്രകൃതിയുടെ കയ്യിൽ വെറും കളിപ്പാട്ടങ്ങളാണ് എത്ര കാലം ആത്മസാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരം ഉണ്ടായാൽ എന്റെ ജീവിതത്തിൽ എല്ലാം മാറിക്കിട്ടുവോ എന്ന് വച്ചാൽ പ്രകൃതിയുടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അതേപടി നിൽക്കും പക്ഷെ ആർക്കാണോ ഈ തത്വജ്ഞാനം ഉള്ളത് അവരെ ഇനിമേലാൽ ഈ ശരീരം ഞാനാണ് ഈ ശരീരത്തിന് വരുന്ന സുഖ ദുഃഖങ്ങളൊക്കെ എനിക്ക് വരണു എന്നുള്ള ഭാവം അവർക്കുണ്ടാവില്ല അവിടെയാണ് അവരുടെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം അവിടെയാണ് അല്ലാതെ സ്വാതന്ത്ര്യം ശരീരത്തിന് വരുന്നതിനെ മാറ്റിമറിക്കുന്നതിലല്ല ഒരു യോഗിയുടെ ഒരു സംഭവം നേരിട്ട് കണ്ട ഒരാള് പറഞ്ഞു ഒരു ഇൻസിഡന്റ് ഒരു അവധു തന്നെ കാണാൻ ചെന്നു അത്രേ അപ്പൊ കാലില് ഒരു വ്രണം അയാളിങ്ങനെ ഒരിടത്ത് ഒരു കൗപത്രധാരിയായിട്ട് ഇരിക്കുന്നുണ്ട് കാലിലൊരു വ്രണം ആ വ്രണത്തില് ചില പുഴുക്കള് ഇരുന്നതിങ്ങനെ കടിക്കുന്നുണ്ട് നോക്കുമ്പോ ഇയാള് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് പുഴു ചോട്ടല് വീഴും അത്ര അദ്ദേഹം കാലിങ്ങനെ അനക്കിയപ്പോ അപ്പൊ അദ്ദേഹം വേഗം ആ പുഴുവിനെടുത്ത് വീണ്ടും ആ വ്രണത്തിൽ തന്നെ വെച്ചു ദേ ആർ നോട്ട് ട്രൈ ടു അവോയ്ഡ് എനി എക്സ്പീരിയൻസ് അദ്ദേഹം പറഞ്ഞു തനിക്ക് തിന്നാനുള്ള ആഹാരമല്ലേ അത് ഞാൻ എന്തിനും മുടക്കണം തിന്നോ ജീവോ ജീവസ്യ ജീവനം ഇവിടെ എല്ലാം ഒന്നോ ഒന്ന് ജീവനമാണ് ആഹാരമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു ദുഃഖത്തിനെയും അറിവുള്ളവൻ വേണ്ടാ വയ്ക്കാൻ ശ്രമിക്കണില്ല ഒക്കെ വരട്ടെ സുഖമാണെങ്കിൽ വരട്ടെ ദുഃഖമാണെങ്കിൽ വരട്ടെ ഈ കഴിഞ്ഞു പോട്ടെ അപ്പൊ നന്ദഗോപുരം പറയാണ് വസുദേവർ ഇത്രയധികം ദുഃഖമനുഭവിച്ചിട്ട് ആറു കുട്ടികൾ മരിച്ചു ഏഴാമത്തെ പെൺകുട്ടി അതും മരിച്ചു ഇതൊക്കെയാണല്ലോ നന്ദഗോപുരുടെ ധാരണ അപ്പോ അഹോ തേദേവീപുത്ര കംസേന ബഹവോഹതാഹം ഏകാവശിഷ്ട അവരജ കന്യാസാപി ദിവത ഒരു കന്യക ബാക്കിയുണ്ടായിരുന്നു ആ കൊച്ചും പോയി നൂനം ഹി അദൃഷ്ടനിഷ്ടദൃഷ്ടപരമോ ജന അദൃഷ്ടം ആത്മന തോ വേദാന സമു്യത്തി കർമ്മത്തിന് അഞ്ച് കാരണങ്ങൾ ഭഗവാൻ ഗീതയില് പറഞ്ഞു അധിഷ്ഠാനം തഥാ കർത്ത കാരണം പൃഥക്വിധം വിവിധ പൃഥക്ചേഷ്ടൈവം ചൈവാത്ര പഞ്ചമം നമ്മൾ കർമ്മം ചെയ്യണമെങ്കിൽ ശരീരം വേണം ശരീരം കൊണ്ട് കർമ്മം ചെയ്യുന്നു അതേപോലെ കർത്തൃത്വം അതിനകത്തുള്ള അഹങ്കാരം പിന്നെയോ ഇന്ദ്രിയങ്ങൾ കരണം എന്നിട്ട് അത് വെച്ചുകൊണ്ടുള്ള ചേഷ്ട പലവിധ ചേഷ്ടകളുമാണ് നമ്മൾ കർമ്മം എന്ന് പറയുന്നത് ഇത്രയും ചെയ്തു കഴിഞ്ഞാലും നമുക്കതിന്റെ ഫലം കിട്ടും എന്ന് ഫലം വിപരീതമാവാം അതിനെ ദൈവം എന്ന് പറയുന്നു ദൈവം എന്ന് വെച്ചാൽ ഈശ്വരം എന്നുള്ള അർത്ഥത്വല്ല അദൃഷ്ടം അത് നമ്മളുടെ കണ്ണിനു മുമ്പിലില്ല നമുക്ക് പല അനുഭവങ്ങളും വരും നമ്മൾ ചോദിക്കും വളരെ നല്ല മനുഷ്യർ അവർക്ക് എന്തിനാ ഇത്രയൊക്കെ ദുഃഖം വരുന്നത് കഷ്ടം വരുന്നത് നമുക്ക് സംശയം തോന്നും ഇതിനാണ് അദൃഷ്ടം എന്ന് പറയുന്നത് ഇൻസ്ക്രൂട്ടബിൾ അണ്ണോബിൾ നമ്മളുടെ ഇന്ദ്രിയത്തിന്റെയും ബുദ്ധിയുടെയും ഒക്കെ അപ്പുറം നിൽക്കുന്ന വസ്തു വസ്തുസ്ഥിതി അപ്പോ അത് നമ്മളുടെ ജീവിതത്തിൽ സുഖത്തിനെയും ദുഃഖത്തിനെയും തന്നുകൊണ്ടിരിക്കും അതിന് നമ്മൾ അടിമയാണ് എത്രകാലം അജ്ഞാനികളായിട്ടിരിക്കുന്നുവോ അത്ര കാലം നമ്മൾ പ്രകൃതിയുടെ ഫീൽഡിന്റെ ഉള്ളിലാണ് അതിനകത്തൊന്നും പുറത്തു ചാടാൻ പറ്റില്ല എന്തൊക്കെ ഒന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക് വിചാരിക്കും അനുഭവം ഉണ്ടായ ശേഷം പിന്നീട് വിചാരിക്കും ഓ അന്നിങ്ങനെ ചെയ്തില്ലായിരുന്നു എങ്കിലും ഇങ്ങനെ വരില്ലായിരുന്നു എന്ന് പിന്നീട് വിചാരിക്കും പക്ഷെ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല അന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച ശക്തി തന്നെയാണ് ഇന്ന് ദുഃഖം അനുഭവിപ്പിക്കുന്നത് ഏതൊരു ശക്തി നമ്മളുടെ ബുദ്ധിയിൽ കയറി നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നുവോ അതേ ശക്തി പിന്നീട് പല അനുഭവങ്ങളെയും കൊണ്ട് തരുകയും ചെയ്യും ഇതൊക്കെ പ്രകൃതിയുടെ മണ്ഡലമാണ് ഇതിനെ ഇങ്ങനെ വേണ്ടാന്ന് വെക്കാം വേണ്ടാന്ന് വെക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ പ്രകൃതി വേറെ ഞാൻ വേറെ എന്ന് അറിഞ്ഞുകൊള്ളണം വിധേഹേ പ്രയത്നസെ ച കോപിവാദ തയോർ ദ്വയോർ മൂലമജാനതാ സാത്ത് വിധേഹെ പ്രയത്ന മൂലവസ്തു സഞ്ജാനതാ നൈവവിധി നയത്ന നമ്മൾ സന്ദർശനം കാണുന്നുണ്ടല്ലോ രാവിലെ അതിലൊരു പ്രധാന ശ്ലോകമാണ് വിധിയാണോ പ്രയത്നമാണോ സെൽഫ് എഫേർട്ട് ആണോ ഡെസ്റ്റിനി ആണോ ഇത് മുട്ടയാണോ കോഴിയാണോ എന്നുള്ള പോലെ ആദ്യം വന്നത് കോഴിന്ന് മുട്ട വന്നു മുട്ടയിൽ നിന്ന് കോഴി വന്നുവോ എന്നുള്ള ചോദ്യം പോലെ എത്രയോ കാലമായിട്ടുള്ള ചോദ്യമാണ് അതിന് മഹർഷി ഉത്തരം പറയുകയാണ് വിധി പ്രയത്നം എന്ന് പറയണമല്ലോ ഇത് രണ്ടും ആർക്കാണ് വിധിയുടെയും പ്രയത്നത്തിന്റെയും മൂലം എന്താണെന്ന് അന്വേഷിച്ചു നോക്കൂ വിധി അനുഭവിക്കുന്നവനാർ പ്രയത്നം ചെയ്യുന്നവനാർ നമ്മൾ ഒരിക്കലും ചോദിക്കാത്തൊരു ചോദ്യമാണ് വിധി ആണോ അല്ല വിധിയനുസരിച്ച് നമ്മൾക്ക് വരേണ്ടതൊക്കെ വരുമോ അല്ല പ്രയത്നം ചെയ്തിട്ട് നമുക്ക് ഇതിനെ മാറ്റിമറിക്കാൻ പറ്റുമോ മഹർഷിയുടെ ചോദ്യം വിധി അനുഭവിക്കുന്നവൻ ആര് ഞാൻ അല്ലെ പ്രയത്നം ചെയ്യുന്നവനാരെ ഞാൻ രണ്ടും ഈ ഞാനാണ് ഈ ഞാൻ എന്താണ് ഈ ഞാൻ ആരാണ് അത് എവിടുന്നു പൊന്തുണു അന്വേഷിച്ചു നോക്കുമ്പോ ഈ ഞാനേ ഇവിടെ ഇല്ല ഞാൻ എന്നെ ഒന്ന് പിടിച്ച് അന്വേഷിച്ചു നോക്കൂ വങ്കായത്തിന്റെ തോല് പൊളിക്കുന്നാൽ പൊളിച്ചു പൊളിച്ചു പൊളിച്ചു പൊളിച്ചു പോയാൽ ഉള്ളിലെ ഒന്നും കാണില്ല അതുപോലെ ഈ ശരീരം ഞാനല്ല മനസ്സ് ഞാനല്ല ബുദ്ധി ഞാനല്ല എന്ന് പറഞ്ഞ് ഈ അഹങ്കാരത്തിനെ മാറ്റി നിർത്തിയാൾ അവിടു ഈ അഹങ്കാരം അവിടെ ഇല്ല അവിടെ ഒരു നിശ്ചലമായ അധിഷ്ഠാനം മാത്രമേ ഉള്ളൂ അപ്പൊ ആർക്ക് വിധി പ്രയത്നം ഇത് രണ്ടും മായയുടെ ട്രിക്കാണ് ഇതാണ് തുഞ്ചത്തെഴുത്തച്ഛൻ പറഞ്ഞത് ഒന്നായ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ പദമിണ്ടാവതല്ല പണ്ടക്കണക്ക് വരുവാൻ ഇൻ കൃപാവലികളുണ്ടാകെയെങ്കിൽ ഇഹ നാരായണായനമാണ് ഏകവും അദ്വയവുമായ വസ്തുവിൽ ഒരു വിധിയും ഒരു പ്രയത്നവും ഒരു സുഖവും ദുഃഖവും ഇങ്ങനെ ദ്വന്ദ്വങ്ങൾ റിലേറ്റിവിറ്റി ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ കുടുങ്ങിയിരിക്കണോന്നാണ് അപ്പോ അതിൽ നിന്ന് പുറത്തു വരാൻ ആ ഈശ്വരന് ശരണാഗതി ചെയ്യുന്നുവോ അവർക്ക് വിധിയുമില്ല പ്രയത്നവുമില്ല അവരുടെ വിധി അവര് വിട്ടുപോകുന്നു എന്ന് വെച്ചാലോ ഭഗവാനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വിധി അറിയില്ല പ്രയത്നമോ പ്രയത്നമോ ഞാൻ ചെയ്യണമെന്നുള്ള ഭാവമില്ല ഭഗവാന്റെ കയ്യിൽ വെറും യന്ത്രം അപ്പൊ എവിടെ പ്രയത്നം പ്രയത്നം എന്റെ പ്രയത്നം കൊണ്ട് ഞാനൊന്നും ജയിക്കാനൊന്നും പോണില്ല ഭഗവാന്റെ പ്രയത്നം ഭഗവാൻ ഇതിനകത്ത് പ്രവർത്തിക്കുന്നു വിധി അനുഭവിക്കാനും ഞാൻ അനുഭവിക്കണില്ല ഇതിൽ അനുഭവിക്കുന്ന ആളായിട്ട് ഇരിക്കുന്നതും നാരായണൻ തന്നെ അപ്പൊ രണ്ടും വിട്ടുപോയി അപ്പൊ അദൃഷ്ടം ആത്മനഹ തത്വം ആര് ആത്മതത്വം അറിയുന്നുവോ അവര് ദുഃഖം വരില്ല അല്ലാത്തവരൊക്കെ മോഹത്തിന് വഷമ്മതരായിട്ട് ശരീരത്തിനെ താനെന്ന് കരുതി ദുഃഖിക്കും ശരീരം താനെന്ന് കരുതിയാൽ ശരീരത്തിന്റെ വൈഷമ്യങ്ങളൊക്കെ നമുക്ക് വന്നു ചേരും അപ്പോ നമുക്ക് ഗ്രഹങ്ങളുടെ ദോഷം വരും മറ്റുള്ളവരുടെ ദോഷം വരും കർമ്മത്തിന്റെ ദോഷം വരും എല്ലാ ദോഷങ്ങളും നമ്മളെ ബാധിക്കും ശരീരം ഞാനല്ല എന്ന് പുറന്തള്ളിയാൽ ഉടനെ സകല ദോഷങ്ങളും നമ്മളെ വിട്ടുപോയി എല്ലാ ഗ്രഹബാധയും നമ്മളെ വിട്ടുപോയി എല്ലാ കർമ്മ നമ്മളെ വിട്ടുപോയി എപ്പോൾ ശരണാഗതി ചെയ്യുന്നു ശരണാഗതി ചെയ്തതോടുകൂടെ അവന്റെ ജാതകം എടുത്ത് സമുദ്രത്തിലിടാം പിന്നെ ജാതകമൊന്നും നോക്കേണ്ട ആവശ്യമില്ല ശരണാഗതി ചെയ്ത് കഴിഞ്ഞുവോ ഇനി ജാതകം നമുക്ക് വേണമെങ്കിൽ കിണറ്റിൽ എടുത്ത് ഇട്ടോളുക ഇനി കഥയൊക്കെ മാറും എന്താ ഇനിയുള്ള കഥ നമ്മളുടെ കഥയല്ല ആ ജോ ജാതകത്തിലെ ശരിക്ക് ശരണാഗതി ഒരാൾ ചെയ്താൽ ജ്യോത്സ്യൻ സത്യമാണെങ്കിൽ ആ സമയത്ത് ജോത്സ്യം നോക്കുകയാണെങ്കിൽ അയാൾ മരിച്ചു എന്ന് പറയണം ജോത്സ്യൻ എന്താണെന്ന് വെച്ചാൽ ആ കഥ കഴിഞ്ഞു അപ്പോ ആര് ആത്മതത്വം അറിയുന്നുവോ എന്ന് വെച്ചാൽ ഭഗവാന് ശരണാഗതി ചെയ്യുന്നുവോ അവന്റെ കഥ അതോടുകൂടെ മാറി പിന്നീട് അവരൊന്നുകൊണ്ടും ബാധിക്കില്ല അവർക്ക് എന്തൊക്കെ വൈഷമ്യങ്ങൾ വരട്ടെ ഒരു വൈഷമ്യവും അവരെ ബാധിക്കില്ല ഇതൊക്കെ നന്ദഗോപുർക്കും അറിയാം അല്ലെങ്കിൽ നന്ദഗോപുര ഇതൊക്കെ പറയുമോ ഇവരൊക്കെ തന്നെ തത്വജ്ഞാനമുള്ളവരാണ് നന്ദഗോപുർ ഇത് പറഞ്ഞു വസുദേവരെ നമസ്കരിച്ച് രണ്ടുപേരും പരസ്പരം അഭിവാദനം ചെയ്ത് പിരിഞ്ഞു ഈ സമയം പൂതല അനേകം കുഞ്ഞുങ്ങളെ വധിച്ചു ഇനി നന്ദഗോകുലത്തിലാണ് അവളുടെ ഫീൽഡ് അടുത്ത ഫീൽഡ് നന്ദഗോകുലത്തിലേക്ക് അവൾ വരുന്നു മഥുരാപുരിയിൽ നിന്നും കംസേല പ്രിതോര പൂതൂഞ്ചാരയിലും നന്ദവ്രജത്തിലും നന്ദഗ്രാമത്തിലും ഇവൾ അനേകം ശിശുക്കളെ വധിച്ചുകൊണ്ട് സഞ്ചരിച്ചു പൂതന എന്നവൾക്ക് പേര് വരാൻ കാരണം എന്താ പൂതാനപി ധർമ്മപഥാത്തെ അപനയതീതി പൂതന എന്നൊരർത്ഥം പരമശുദ്ധന്മാരായിട്ടുള്ളവരെ പോലും വഴിപഴപ്പിക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിൽ പൂതന എന്നൊരർത്ഥം മറ്റൊരർത്ഥം എന്താ ഹരിയുടെ സമ്പർക്കം ഏർപ്പെട്ട് പരമപരിശുദ്ധയായിട്ട് തീർന്നു അവൾ അവൾക്കും ഭഗവത്പ്രാപ്തി ഉണ്ടായതുകൊണ്ട് പൂതയായിട്ട് തീർന്നു നാരായണേന പൂതാ പൂത നാരായണനാൽ പരിശുദ്ധമാക്കപ്പെട്ടവൾ എന്നർത്ഥം ഏതായാലും പൂതന നന്ദവ്രജത്തിലേക്ക് വരുന്നു സേചറി ഏകദോത്പത്യപൂതനന്ദഗോകുലം യോഷിത് മായ യാത്മാനം പ്രാവിശത് കാമി ഖേചരി എന്നാണ് ആകാശമാർഗത്തിൽ വന്നുവത്രേ ഗവൺമെന്റിന്റെ ആളല്ലേ അപ്പൊ ആകാശത്ത് കൂടെ വരാനെന്താ കംസൻ പറഞ്ഞതാണ് ആകാശത്തു കൂടെ വന്നു അത്രേ അവള് ഖേചറി ഏകദോത്പത്യ പൂതനാനന്ദഗോകുലം താം കെശബന്ധവ്യതിഷിക്തമല്ലം ബൃഹങ്ങിതംബസ്ഥന കൃഷ്ര മധ്യമം സുവാസസം കമ്പിതകർണഭൂഷണത്വിഷോല്ലസുന്ത വൽഗുസ്മിതാംഗ വിസർഗീക്ഷീ വനിതൃകസാ അമംസതാ അംഭോചകരേണി ഗോപ്യാഹ്രിയി ദ്രഷമേവാഗതം പത്തി അബദ്ധം കാണിച്ചു തോന്നുന്നു ഈ ശ്ലോകങ്ങൾ കണ്ടാൽ എന്താന്ന് വെച്ചാൽ ോപസ്ത്രീകളെയാണ് അതിരുകടന്ന് വർണ്ണിക്കുക അങ്ങനെയുള്ള ശുഖാചാര്യർ ഇവൾ അലങ്കരിച്ച് വരുന്നതും ഇവളെങ്ങനെയൊക്കെ അലങ്കാരം ധരിച്ചു എന്നുള്ളതും അതൊക്കെ വർണ്ണിച്ചിട്ട് അവസാനം പറഞ്ഞു കയ്യിൽ ഒരു താമര വളയവും പിടിച്ച് സുന്ദരമായി വേഷം ധരിച്ച് അതിസുന്ദരിയായി സുന്ദരി എന്നൊക്കെ പറയട്ടെ പക്ഷേ അതിരുകടന്നുപോയി ശ്രീയം ദ്രഷ്ടും ഇവ ആകത്താം പതിം എന്താ വാക്കിന്റെ അർത്ഥം എന്ന് പറയുമോ തന്റെ പതിയെ കാണാൻ വന്ന മഹാലക്ഷ്മിയെ പോലെ വന്നു എന്നാണ് ഇവളെ ഉപമിക്കാൻ സുഖബ്രഹ്മ മഹർഷിക്ക് വേറെ ആരെയും കിട്ടിയില്ല എന്ന് തോന്നും ഈ അസുരസ്വഭാവത്തോടുകൂടിയ ഇവളെ ശ്രിയം ദ്രഷ്ടും ഇവാകതാം പതിംന്ന് പറയും എന്നുവെച്ചാൽ അതിന് കാരണം അപ്പ ചേത് സുദുരാചാരോ ഭജത്തെ മാമനയക്സാധുരവ സമന്തവ്യ വസിംഭവത്തി ധർമാത്മാ ശത് ശാന്തിയതിജാനീഹി നമേ ഭ പ്രണശ്യത്തി എത്ര ദുരാചാര്യ ആണെങ്കിലും വേണ്ടില്ലേ എന്റെ അടുത്ത് വന്നോ ഇനി അധികം വൈകാതെ സദാചാര്യായിട്ട് തീരുന്നു മാത്രമല്ല ധർമാത്മാവായിട്ട് തീരുന്നു മാത്രമല്ല സാധുരേവ സമന്തവ്യ അയാളെ പരമഭാഗവതന്മാരുടെ കൂടെ കണക്കാക്കിക്കൊള്ളണം ഇവൾ ുള്ളിലെ വിഷത്തോടുകൂടെ ദുരുദ്ദേശത്തോടുകൂടിയാണ് വന്നതെങ്കിലും ഇവൾക്ക് ഭഗവത് സമ്പർക്കം ഏർപ്പെടാൻ പോകുന്നു ഇവളുടെ മനസ്സിൽ കുട്ടിയെ കൊല്ലണം എന്ന് കംസൻ ഏർപ്പാടാക്കിയതുകൊണ്ട് തന്റെ ജോലിയായിട്ട് കൊല്ലാൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവരുടെ ഹൃദയം പറയുന്നു തന്റെ കഥ കഴിഞ്ഞോട്ടോ നീ ഇപ്പതാ ഭഗവാനോട് ചേരാൻ പോകുന്നു ഹൃദയം ഉള്ളിന്റെ ഉള്ളിൽ പറയുന്നത് കൊണ്ട് പൂതനയ്ക്ക് മഹാലക്ഷ്മി ഭാവം സിദ്ധിച്ചു എന്താന്ന് വച്ചാൽ ഭഗവാനോട് ചേരുന്നവരൊക്കെ ലക്ഷ്മിയാണ് ലക്ഷ്മി എന്നുള്ളത് ഇവിടെ പൂതനയ്ക്കല്ല ഇതുപോലെ ഒരു വിപരീത എക്സാമ്പിൾ വിപരീതമായ ഒരു എന്താ പറയാ ഭാവത്തിലെങ്കിലും ഉപമാ ഏകാദശത്തിൽ പറഞ്ഞു പിങ്കളയെ കുറിച്ച് പറഞ്ഞു അനേന രമേ യഥാ രമ എന്നാണ് രമ മഹാലക്ഷ്മിയെ പോലെ ഞാൻ ഇനി വിഷ്ണു ഭഗവാനുമായിട്ട് രമിക്കും എന്ന് പറഞ്ഞു ആ പിങ്കള അവിടെ എങ്ങനെ പറയുമെന്ന് വെച്ചാൽ ഭഗവാനുമായിട്ട് ഐക്യം വന്നവർ ഒക്കെ മഹാലക്ഷ്മിയാണ് ഭഗവാനുമായിട്ട് ഐക്യം വന്നു ഭഗവാൻ ഇയാള് നല്ല ആളാണോ നമ്മളുടെ യോഗ്യതയൊക്കെ കണക്കാക്കിയിട്ടാണ് ഭഗവാൻ എടുക്കുന്നതെങ്കിൽ അത് കൂലി പോലെയായിട്ട് തീരും നമുക്ക് യോഗ്യതയുണ്ട് ഭഗവാനെ പ്രാപിച്ചു എന്ന് വെച്ചാൽ ഭഗവാന്റെ കൃപയ്ക്ക് എന്ത് വല ഒരു യോഗ്യതയും ഇല്ലാത്തവർ പരമദുഷ്ടന്മാരാണെങ്കിൽ പോലും മീപിക്കുന്നവരെ താൻ എടുത്തോളാം അന്നാണ് അഭിജേത് സുതുരാചാര അപ്പൊ അങ്ങനെയുള്ള പൂത്തന ഭഗവാന്റെ അടുത്ത് വരുമ്പോ അവളെ പോലും അറിയാതെ അവളിൽ ഒരു തേജസ് ഇതാണ് നോക്കുന്നത് ഭക്തിമാർഗത്തിന്റെ വൈശിഷ്ട്യം ബാക്കി മാർഗത്തിലൊക്കെ നിങ്ങൾക്ക് യോഗ്യത വേണം എന്ന് പറയും ഭക്തിമാർഗത്തിൽ നിങ്ങൾക്ക് യോഗ്യതയൊന്നും വേണ്ട ഒരമ്മ അമ്മയുടെ അടുത്തേക്ക് കുട്ടി പോവാണ് എപ്പോ കളിച്ച് ചളിയിൽ വീണ് മേലെയൊക്കെ ചളിയാക്കി പുതിയ വസ്ത്രമൊക്കെ ചളിയാക്കി വൃത്തികേടാക്കിയിട്ട് അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോ ഈ കുട്ടി പോയി നല്ലവണ്ണം കുളിച്ച് ഷർട്ടൊക്കെ തോച്ചിട്ടാണോ പോവുക ഒക്കെ നല്ലവണ്ണം ഷർട്ടൊക്കെ അലക്കി കഴിഞ്ഞ് ഒക്കെ വൃത്തിയാക്കി അയേൺ ചെയ്തിട്ട് പോവോ കുട്ടി അങ്ങനെ തന്നെ പോകും അമ്മ കുട്ടിയെ പിടിച്ചു വേണമെങ്കിൽ ഒരു അടി കൊടുക്കുമായിരിക്കും എന്നാലും പിടിച്ചെടുത്ത് അമ്മ ശുദ്ധമാക്കണം അപ്പൊ അമ്മ ശുദ്ധമാക്കിക്കൊള്ളും അല്ലാതെ കുട്ടിയൊക്കെ അലക്കിത്തൊട അലക്കിയ വസ്ത്രം കൊടുത്തോണ്ടും പോവില്ല അമ്മ ശുദ്ധമാക്കിക്കൊള്ളണം കുഞ്ഞിനെ അപ്പൊ അതേപോലെ അഭിചേതു സുദുരാചാര എത്ര ദുരാചാരിയാവട്ടെ എങ്ങനെ വേണമെങ്കിൽ ഏത് അവസ്ഥയിലാണെങ്കിലും സമീപിക്കുകയാണെങ്കിൽ ഭഗവാൻ ശുദ്ധമാക്കിക്കൊള്ളാന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അങ്ങോട്ട് പോവാൻ അല്ലാതെ ഞാൻ ശുദ്ധമല്ല എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ യോഗ്യതയില്ലാതെ പൂതനയാണെങ്കിലും സമീപിക്കുകയാണെങ്കിൽ ഭഗവാൻ പറഞ്ഞു ഞാൻ എടുത്തോളാം എത്ര നല്ല ആളാണെങ്കിലും സമീപിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ടേയിരിക്കും ഇതാണ് ഭക്തിയുടെ രസം അപ്പോ പൂതനെ ഇവിടെ ഭഗവാന്റെ അടുത്ത് വരുന്നു ബാലഗ്രഹസ്ഥ വിചിന്തതീ ശിശൂനും യദൃച്ഛയാനന്ദഗൃ ബാലം പ്രതിഛന്ന നിജോർ തേജസം ം ഭസി ബാലഗ്രഹസ്ഥീ ശിശൂന് അവൾ ആരാ ബാലഗ്രഹം എന്നാണ് കുട്ടികളെ പിടിക്കുന്ന ഗ്രഹബാധ പൂതന ഇതൊക്കെ ഗ്രഹബാധയില് പെട്ടതാണ് ബാലഗ്രഹസ്തത്ര വിശിൻവതീ ശിശൂന് ഇവന്റെ അടുത്ത് വരുമ്പോൾ ഇവൻ പറയണു നീ ഒരു ഗ്രഹം ഞാനും ഒരു ഗ്രഹം പേടിക്കേണ്ട ഞാൻ കൃഷ്ണഗ്രഹം ഞാനും പിടിച്ചാ വിടില്ല ബാലഗ്രഹം പിടിച്ചാ വിടും കുറച്ചു കഴിയുമ്പോൾ കൃഷ്ണഗ്രഹമാണ് പ്രഹ്ലാദനെ പിടിച്ചു കൃഷ്ണഗ്രഹഗൃഹീതാത്മാവേദഗതീദൃശം എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നവരെ പിടിക്കും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ ഞാൻ വിടണ പതിവേയില്ല ബാലഗ്രഹസ്ഥിതി ശിശൂന് കുഞ്ഞുങ്ങളെ അന്വേഷിക്കാളവൾ യദൃയാ യർച്ഛയാ വരുന്നു എവിടെ നന്ദഗൃ നന്ദഗോ ഗോപന്റെ ഗൃഹത്തിലെത്തി യശോദ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുക ആ കണ്ണനെയും തൊട്ടിലിട്ടുണ്ട് കുട്ടിയുടെ അടുത്ത് വന്നു ബാലം കണ്ടു കുഞ്ഞിനെ കണ്ടു എന്നാണ് എങ്ങനെ പ്രതിച്ഛന നിജോരു തേജസ്സം വിറക് വെച്ച് തീ കൊളുത്തി തീ കെട്ടുകഴിഞ്ഞാലും ആ വരകിങ്ങനെ കനലായിട്ട് ചാരം മാത്രമായിട്ട് ഇരിക്കും അത് നമ്മൾ വെറും ചാരമാണെന്ന് വിചാരിച്ച് തൊട്ടാ ഉള്ളിൽ തീ ഉണ്ടാവും അതുപോലെ ഇവനെ കണ്ട് വെറും കൊച്ചുകുട്ടിയാണെന്ന് ധരിച്ച് ഇവളടുത്ത് വന്നു പ്രതിച്ഛന്ന നിജോടു തേജസ് തേജസ്സൊക്കെ വരച്ചു ഈ ബാലന്റെ അടുത്ത് അവൾ വന്നു അഗ്നി വിവാഹിതം ഭസി വിബുദ്ധ്യതാം ബാലകമാരികാഗ്രഹം ഇവളാരാ ഒരു മാരിക മാരി എന്ന് വെച്ചാൽ തന്നെ വ്യാധി ഹാമാരി ഈ പൂതല ഇവിടെ വന്നിരിക്കുന്നു കണ്ണൻ ഇങ്ങനെ പതുക്കെ ഇടക്കണ്ണുകൊണ്ട് നോക്കിത്രയാ വിബുദ്ധ്യതാം ബാലകമാരികാഗ്രഹം അവളെത്തി എനിക്കിനി കാണേണ്ട ഘോരൂപിണി ഇത്രയും നേരം അതിസുന്ദരികളായി ഭഗവാൻ സൗന്ദര്യം എന്ന് വെച്ചാൽ എന്താ പുറമേക്ക് നിങ്ങൾ എന്ത് വേഷം കെട്ടി ചെന്നാലും ഉള്ളിൽ കാണാൻ പറ്റില്ലേ രാമായണത്തിലെ ശൂർപ്പണക സുന്ദരമായി വേഷം ധരിച്ചിട്ടാണ് ഭഗവാന്റെ അടുത്ത് ചെന്നത് പക്ഷെ അവളെ കണ്ട് ചിരിച്ചു അതേ ഭഗവാൻ വേറെ ഒരാളെ കണ്ട് എന്തു സുന്ദര രൂപം എന്ന് പറഞ്ഞു ആരെയാ പറഞ്ഞത് എന്ന് വെച്ചാൽ ശബരി ആ മുത്തശ്ശിക്ക് വായിൽ പല്ലില്ല തലയൊക്കെ വെള്ളിക്കമ്പിയായിരിക്കുന്നു ശരീരം കാറ്റില് വാഴ പോലെ ആടുന്നു ആ വൃദ്ധയെ കണ്ടിട്ട് എന്ത് സൗന്ദര്യം എന്നാണ് രാമൻ അപ്പോ ഭഗവാൻ കാണുന്ന സൗന്ദര്യം എന്താ ഭക്തി പക്വത അപ്പൊ ഇവളെ കണ്ട ഉടനെ ഭഗവാൻ ഇത്രയും നേരം ഗോപസ്ത്രീകളെ കണ്ടു ഇപ്പത് അവളും മുമ്പിൽ വന്നിരിക്കുന്നു ബാലകാലികാഗ്രഹം ചരം എന്ന് വെച്ചാൽ ചലിക്കുന്നത് അചരം എന്ന് വെച്ചാൽ ചലിക്കാത്തത് ചരിക്കുന്നതിനും ചരിക്കാത്തതിനും ആത്മാവായിട്ടുള്ളവൻ അഗജഗതോകാം അഖില ശക്തി അവബോധക ചലിക്കുന്നതിനും ചരിക്കാത്തതിനും എല്ലാത്തിനും അന്തരംഗത്തിൽ ഇരിക്കുന്നവരാണ് ചരാചരാത്മ നമ്മളുടെ ഉള്ളിലും ചരാചരാത്മ ഈ ശരീരം ചരം സ്വരൂപം അചരം രണ്ടിലും അധിഷ്ഠാനമായിട്ടിരിക്കുന്ന വസ്തു ചരാചരാത്മാനിമേലി തണഹ കണ്ണടച്ചു എന്നാണ് ഭഗവാൻ എന്താ ഭഗവാൻ കണ്ണടയ്ക്കാൻ കാരണം ഇവളെ കാണണ്ട ഘോരൂപിണി ം ഇത് വ്യാഖ്യാതാക്കൾ ധാരാളം വ്യാഖ്യാനിക്കും ചരാചരാത്മാസനിമീലി തെക്ഷണ ഇവളെനിക്ക് കാണണ്ട അഥവാ അവൾ എന്നെ കണ്ടാൽ ഭഗവാന്റെ ദിവ്യമായ കണ്ണുകൾ കണ്ടാൽ അവളുടെ ഹൃദയം ഒരുങ്ങിപ്പോയി മനസ്സ് മാറിപ്പോയാൽ ഇനി അവൾ ഇവിടെ പെട്ടെന്ന് പോയിപ്പോകും അതുകൊണ്ട് വന്ന കാര്യം നടക്കില്ല അതുകൊണ്ടും ചരാചരാത്മാ സനിമീലി തെക്ഷണ പിന്നെ ഭഗവാന്റെ കണ്ണ് കാരുണ്യസ്ഥാനമാണ് ഇവിടെ ഇപ്പൊ കരുണയോടുകൂടെ ഇപ്പൊ നോക്കിയാൽ ശരിയാവില്ല അതിനുള്ള യോഗ്യത ഇപ്പൊ തൽക്കാലത്തേക്ക് ആയിട്ടില്ല അതുകൊണ്ട് ആ വഴിക്ക് ഇപ്പൊ അവൾക്ക് മുക്കുത്തിയില്ല ചരാചരാത്മാ സനിമീലി തെക്ഷണ ഇവളും കരകഴിച്ചു വിടണമല്ലോ എന്താ മാർഗം കണ്ണടച്ച് ഇങ്ങനെ ആലോചിച്ചു നമ്മൾ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുമ്പോൾ കണ്ണടയ്ക്കുമല്ലോ അതുപോലെ കണ്ണനും കണ്ണടച്ചു ചരാചരാത്മാസ നിമി ലി ദക്ഷണ ഒരു കണ്ണ് സൂര്യൻ ഒരു കണ്ണ് ചന്ദ്രൻ സൂര്യൻ ജ്ഞാനത്തിലെ കുറിക്കുന്നു ചന്ദ്രൻ യോഗത്തിലെ കുറിക്കുന്നു ജ്ഞാനികൾ ജ്ഞാനവിചാരം ചെയ്ത് സദ്യോ മുക്തി പ്രാപിക്കും യോഗികൾ യോഗസാധനകൾ അനുഷ്ഠിച്ച് ക്രമമായിട്ട് അവര് മുക്തി പ്രാപിക്കും ഇവർക്ക് യോഗസാധനയുമില്ല ജ്ഞാനസാധനയുമില്ല അതുകൊണ്ട് രണ്ട് കണ്ണും ഭഗവാനെ അടച്ചു ഭഗവാന്റെ ഒരു കണ്ണ് ഉത്തരായണ മാർഗം ഒരു കണ്ണ് ദക്ഷിണായണ മാർഗം ഈ ലോകത്തിലിരിക്കുമ്പോ തന്നെ ആത്മവിദ്യ പഠിച്ച് തപസ്സി ചെയ്ത് ഭഗവാനെ പ്രാപിക്കാൻ ശ്രമിച്ച് ഒരുപക്ഷെ സാധിച്ചിട്ടില്ലെങ്കിലും ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഉത്തരായണ മാർഗത്തിലൂടെ ഉയർന്ന ലോകത്തിലെ പ്രാപിച്ച് അവിടെ ബ്രഹ്മാവിൽ നിന്ന് തന്നെ ബ്രഹ്മവിദ്യ ഗ്രഹിച്ച് ക്രമമായി ഈ ജീവൻ മുക്തി പ്രാപിക്കും അത് ഉത്തരായണ മാർഗം ദക്ഷിണായണ മാർഗം എന്താണെന്ന് വെച്ചാൽ നമ്മള് സാധാരണ മരിച്ചു കഴിഞ്ഞാൽ അവര് പിതൃലോകത്തിലേക്ക് പോകും വീണ്ടും അവിടുത്തെ പുണ്യം ക്ഷയിച്ച് കഴിയുമ്പോൾ വീണ്ടും ഭൂമിയിൽ വന്ന് ജനിക്കുകയോ സ്വർഗത്തിൽ ഇതൊക്കെ സമ്പ്രദായം ഇതൊക്കെ പിതൃയാനമാണ് ദക്ഷിണായണം ഇവർക്ക് ഉത്തരായണവുമില്ല ദക്ഷിണായണവുമില്ല രണ്ടിലുമുള്ള യോഗ്യതയില്ല അതുകൊണ്ട് ചരാചരാത്മാ ഫലിനി ലി തണ ഭഗവാന്റെ ഒരു കണ്ണ് ഋതം ഒരു കണ്ണ് സത്യം ഋതകും സത്യം ഋതസത്യ നേത്രം എന്ന് പറഞ്ഞു സത്യം എന്ന് വെച്ചാൽ ആത്മവിദ്യ ഋതം എന്ന് വെച്ചാൽ ധർമ്മപരിപാലനം ഇവൾക്ക് ധർമ്മപരിപാലനവുമില്ല ആത്മജ്ഞാനവും ഇല്ല അതുകൊണ്ട് രണ്ട് കണ്ണും ഭഗവാൻ അടച്ചു ചരാചരാത്മാസീലിത്തെ ഭഗവാൻ കണ്ണടച്ച് തന്റെ ഉള്ളിലിരിക്കുന്ന ലക്ഷ്മിദേവിയോട് ചോദിച്ചു അത്രേ ഇവളിപ്പ കല കയറ്റാ എന്താ വഴി ഇവളെന്നെ സമീപിച്ചിരിക്കുന്നുവല്ലോ അതിലെന്താ വഴി എന്ന് അന്വേഷിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു എന്താണ് കണ്ണടച്ച് കൃഷ്ണൻ വിശ്വാമിത്രനെ വിളിച്ചു വിശ്വാമിത്രനെ വിളിച്ചു വിശ്വാമിത്രനോട് പറഞ്ഞു മഹർഷെ കഴിഞ്ഞ അവതാരത്തില് രാമാവതാരത്തില് ഒരു സ്ത്രീയെ കൊല്ലാൻ അങ്ങ് എന്നെ പ്രേരിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ധർമ്മമാണെങ്കിലും അധർമ്മമാണെങ്കിലും ലോകമംഗളത്തിന് വേണ്ടി സ്ത്രീവധം ചെയ്യേണ്ടതാണോ എന്ന് അങ്ങ് പറഞ്ഞു അപ്പൊ ഞാൻ മടിച്ചിട്ടാണെങ്കിലും അങ്ങ് പറഞ്ഞത് കൊണ്ട് കൊന്നു ഇപ്പൊ ഇത് ആ ജാമ്യം എടുക്കാനായിട്ട് വന്നിരിക്കാം മുൻകൂറായിട്ടിപ്പോ അനുമതി എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഇവളെ കൊല്ലാനായിട്ട് ഇവളെ വധിക്കാൻ പോകുന്നു അതുകൊണ്ട് മുൻകൂറായിട്ട് പറയാൻ വന്നിരിക്കാം ീ ലിപെക്ഷണ കണ്ണടച്ച് വേഗം കൈലാസത്തിലേക്ക് പോയി അത്ര മഹാദേവ ഒരു പ്രോബ്ലം ഒരു പ്രശ്നം കൈലാസത്തിൽ ചെന്നപ്പോ വടക്കനാഥൻ ഭഗവാൻ ചോദിച്ചു എന്താപ്പോ കൃഷ്ണ എന്താപ്പ പ്രശ്നം അല്ല പൂതനെ വന്നിരിക്കണു ആ അതിന് അവര് സ്ഥലത്തിൽ പായസനും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇത്ര കാലമായി പായസം കഴിച്ച് പ്രാക്ടീസ് ഇല്ല അപ്പൊ വിഷം എങ്ങനെയാ കഴിക്കേണ്ടത് എന്നൊരു കോഴ്സ് ഒന്ന് പഠിക്കാൻ വന്നിരിക്കുകയാണ് എങ്ങനെയാന്ന് വെച്ചാൽ പറഞ്ഞുതരാം അപ്പൊ ഭഗവാൻ പറഞ്ഞു അത്ര കഴിച്ച് തൊണ്ടയോടും നിർത്തിക്കൊള്ളുക കണ്ടത്തിന് ചോട്ടിലേക്ക് വിടരുത് പുറത്തേക്കും വിടരുത് ചരാചരാത്മാസ നിക്ഷണ വിബുദ്ധ്യതാംബാലകമാരികാഗ്രഹം ചരാചരാത്മാസീലിതക്ഷണ എടുത്തു മടിയിൽ വെച്ചു കണ്ടാലെ പൂതന ആരാ അടുത്ത് മടിയിൽ വെച്ചുവെച്ചാൽ വേദാന്തികൾ പറയും കയറിനെ പാമ്പായിട്ട് കരുതി പ്രസിദ്ധ ഉദാഹരണം കയറും പാമ്പും ഇല്ലെങ്കിൽ ഒരു വേദാന്ത ക്ലാസ്സേ ഇല്ല രജ്ജു സർപ്പവിഭ്രാന്തി അപ്പോ ഇവിടെ പറഞ്ഞു കയറിനെ പാമ്പായിട്ട് കരുതിയാ കുഴപ്പമൊന്നുമില്ല കയർ കടിക്കില്ല പക്ഷെ പാമ്പിനെ കയറായിട്ട് കരുതിയാലോ ഇവൾക്കിപ്പോ ആ അബദ്ധമാണ് എടുത്തു മടിയിൽ വെച്ചു അനന്തമാരോപയത് അംഗമം യഥാ ഉരകം സുപ്തം അബുദ്ധി രജുതി ഈ ഉറങ്ങിക്കിടക്കണ പാമ്പിനെ കയറുന്നു കരുതി മടിയിൽ വെച്ച പോലെ ഇവൾ അനന്തനെ അംഗത്തിൽ കയറ്റി നോക്കണം വാക്കുകളൊക്കെ നോക്കണം അനന്തനെ അംഗത്തിൽ കയറ്റിയത് കൊണ്ട് എന്തായി അങ്കമന്തകം എന്താ അദ്ഭുതമായ വാക്കുകൾ ഋഷീണ പുനരാദ്യാം വാചമർത്ഥമാണ് ധാവതി ഋഷികൾ നമ്മളെപ്പോലെ ആലോചിച്ച് പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അനേക അർത്ഥങ്ങൾ ഭൂതനെ എന്തു ചെയ്തു അനന്തമാരോപയത് അങ്കമന്തകം അനന്തനെ അനന്ത വെച്ചാൽ അന്തമില്ലാത്ത വസ്തു പരമാത്മാവിനെ ഭഗവാനെ അംഗത്തിൽ ആരോപിച്ചു എന്നുവെച്ചാലോ തന്റെ ഹൃദയസ്ഥാനത്തിലേക്ക് എടുത്തു എന്നർത്ഥം നമ്മളും അനന്തനെ അംഗത്തിൽ എടുത്താൽ അവൻ എന്ത് ചെയ്യും അംഗമ നമ്മളുടെ അംഗം അംഗം എന്ന് വെച്ചാൽ ശരീരത്തിനെ അന്തം ചെയ്യും ഇനിമേലാൽ ശരീരമില്ലാത്ത ഒരു സ്ഥിതി നമുക്ക് വരുത്തും അനന്തനെ അംഗത്തിൽ ആരോപിച്ചാൽ അനന്തൻ അംഗത്തിനെ അന്തം ചെയ്യും അനന്തം ഇവിടെ ആ അർത്ഥത്തിലല്ല പുറമേക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ അങ്കം അന്തകം അന്തകനെ തന്റെ അംഗത്തിൽ ആരോപിച്ചും അടിയിലെടുത്തു വെച്ചു സൂക്ഷ്മ അർത്ഥം നോക്കുമ്പോ അനന്തമാരോപയതങ്കമന്തകം യഥോരകം സുപ്തമബുദ്ധിരജു ഭഗവാന് നമ്മള് സ്ഥലം കൊടുത്താൽ ഭഗവാൻ നമ്മളെയും വിഴുങ്ങിക്കളയും ഭഗവാനെടുത്ത് ഏതർത്ഥത്തിലായാലും ഹൃദയത്തിൽ വെച്ചാൽ ഭഗവാൻ നമ്മളുടെ ഹൃദയത്തിലിരിക്കുന്ന അജ്ഞാന കാതെങ്കിലും വിധത്തിൽ ഭഗവാൻ നമ്മളുടെ ഹൃദയത്തിൽ പ്രവേശിച്ചാൽ ഏത് കേന കേണ മനഃ കൃഷ്ണയെ നിവേശ വിധത്തിൽ കൃഷ്ണൻ ഉള്ളിൽ കിടക്കട്ടെ ഒന്നുമില്ലെങ്കിലും സപ്താഹത്തിന് പന്ത്രണ്ടരയ്ക്കും രണ്ടു മണിക്കും നടുവില്ലെങ്കിൽ ചിലർ വരുമല്ലോ അവർക്കും ഭഗവാൻ എങ്ങനെ കടക്കും ഷാപ്പാട് രൂപത്തിലെങ്കിലും കടക്കണം അവരെയും കുറ്റം പറയാൻ പാടില്ല ചിലരുടെ ഉള്ളിലേക്ക് ഭഗവാൻ അവർ ഊണ് കഴിക്കുമ്പോൾ ഹോട്ടൽ ചാപ്പാടും തോന്നില്ല ചിലർക്ക് അറിയയില്ല പാവം അങ്ങനെയോ ഉണ്ടായിരുന്നു ഒരിടത്ത് സപ്താഹം നടക്കുന്നു ഉച്ചയ്ക്ക് ധാരാളം പേര് ആ സമയമാകുമ്പോൾ ചാപ്പാട് കഴിക്കാൻ വന്നു അതിൽ അടുത്തിരിക്കണ ഒരാള് ഊണ് കഴിക്കണ ഒരാളോട് ചോദിച്ചു എന്തിനാ ഇവിടെ ചാപ്പാട് ചോദിച്ചു ആരുടെ കല്യാണം അപ്പൊ പറഞ്ഞു സപ്താഹം നടക്കുക അങ്ങനെ വെച്ച ഭാഗവത സപ്താഹം എന്നാലോ ആരാ ഭാഗവതം കൃഷ്ണകഥയാണ് കൃഷ്ണകഥ എന്ന് വെച്ചാൽ ഭഗവാൻ കൃഷ്ണന്റെ കഥ ഭഗവാൻ കൃഷ്ണൻ എന്തു ചെയ്തു ഊണ് കഴിക്കുന്നതിന്റെ ഈ ഊണ് കഴിയുമ്പഴേക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം കൃഷ്ണകഥയും ഭാഗവതവും ഒക്കെ അയാൾ ഊണ് കഴിച്ച് കൈ പോയി പക്ഷെ കാര്യം നടന്നില്ലേ നടന്നുമില്ലയോ ഏത് വിധത്തിലാണെങ്കിലും ശരി അവനെ ഉള്ളിൽ കടത്താം ഇതേ കല്യാണ സാപ്പാടാണെങ്കിലോ അറിയാതെയാണ് ചിലർ വരും എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വരും പക്ഷേ ശാപാട് നടക്കുമ്പോൾ അവരെയാ കല്യാണം ചോദിക്കുമ്പോൾ വധു എന്ത് ചെയ്യുന്നു വരൻ എന്ത് ചെയ്യുന്നു ലോകവർത്തമാനമാവും ഇത് തന്നെ ഭാഗവത സപ്താഹത്തിന് ശാപ്പാട് കഴിക്കാൻ ഏതോ വിധത്തിൽ ഭഗവാനുമായിട്ട് ഒരു സമ്പർക്കം നല്ലതോ ചീത്തയോ ഏത് വഴിക്കാണെങ്കിലും വേണ്ടില്ലാണെന്നാണ് അപ്പോ ഇവൾ പൂതന ഭഗവാനെ കൊല്ലണം എന്ന് പറഞ്ഞ് വിഷം വെച്ചു കൊണ്ടുവന്ന് ഭഗവാനുമായിട്ട് സമ്പർക്കമാണ് ആ സമ്പർക്കത്തോടു കൂടെ ഭഗവാനെടുത്തു മടിയിൽ വെച്ചു അങ്കമന്തകം ഭഗവാൻ തേടി മനസ്സു ഇതോടെ എന്റെ അംഗത്തിനെയൊക്കെ ഞാൻ അന്തം ചെയ്യാം ഇനി തനിക്ക് ശരീരമേ ഉണ്ടാവാത്ത അനുഗ്രഹം ആശീർവാദം അവളെ എടുത്ത് മടിയിൽ വെച്ച് അവൾ കണ്ണനെടുത്ത് മടിയിൽ വെച്ച് താം തീക്ഷണചിത്തം അതിവാമചേതാം അവൾ എങ്ങനെയുള്ളവളാണെന്നാണ് പറയുന്നത് അവളുടെ ചിത്തം അതിതീക്ഷം അവളുടെ ആചാരമോ ഇനിയൊരു ദുരാചാരം ഇല്ല അത്രയും ദുരാചാരമുണ്ട് ഏ ഇങ്ങനെയുള്ള ഒരാൾക്ക് മുക്തി കൊടുക്കണത് എന്തിനാ എന്ന് വെച്ചാൽ അങ്ങനെ ഒരാൾക്കും മുക്തി കൊടുത്താലേ നമുക്കൊക്കെ അല്പം വിശ്വാസം വരവുള്ളൂ അല്ലെങ്കിൽ നമ്മളൊക്കെ എത്രയൊക്കെ ആയാലും എനിക്ക് കിട്ടുവോ എന്തുകൊണ്ട് പറ്റുമോ ഈ വിശ്വാസം വരേയില്ല അതുകൊണ്ട് നമ്മളെ ഒന്ന് പ്രബലപ്പെടുത്താനാണ് ഇപ്പൊ പൂതനയുടെ കഥ പുരാണം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാലും ഭഗവാൻ എത്രയോ സാധുക്കളുടെ കഥ നമുക്ക് കാണിച്ചത് മഹാത്മാക്കളുടെ കഥയൊക്കെ എടുത്തു നോക്കൂ ോക്കിയാൽ ചിലപ്പോൾ നമ്മളെയൊക്കെക്കാളുമൊക്കെ എത്രയോ ദുരാചാരികളായിട്ട് ഇരുന്ന ആളുകൾ പെട്ടെന്ന് മഹാത്മാക്കളായിട്ട് മാറുന്നത് കാണുന്നു ഇങ്ങനെയൊക്കെ ഒരു നാടകം ഭഗവാൻ നമ്മളുടെ മുമ്പിൽ നടത്തി കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നിന്റെ ദുരാചാരത്തിനെ മനസ്സിന് എന്തെങ്കിലും വൈകല്യങ്ങളെക്കുറിച്ചോ ഒന്നും ആലോചിച്ച് ദുഃഖിക്കരുത് ഭഗവാന്റെ കൃപ അപാരശക്തിയോടുകൂടെ പ്രവർത്തിക്കുമ്പോ എത്ര ആയിരം വർഷമായിട്ടുള്ള ഇരുട്ടാണെങ്കിലും വിളക്ക് കൊളുത്തിയാൽ പോകും അതുപോലെ എത്രയധികം തന്നെ പാപകർമ്മം എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും ജ്ഞാനം അവിടെ പ്രകാശിക്കുമ്പോ ഭഗവാന്റെ കൃപ അവിടെ ഉദ്ഭവിക്കുമ്പോ സദ്ഗുരുവിന്റെ സമ്പർക്കം ഉണ്ടാവുമ്പോ ആ അജ്ഞാനം നിശേഷം നീങ്ങി ഭഗവത് പ്രാപ്തി അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല അനന്തമാരോപയതങ്കമന്തകം യഥോരകം സുപ്തം അബുദ്ധിരജുദീഹി താ തീക്ഷണി അതിവാമചേതീക്ഷ കോശപരിച്ഛദിവത് വരസ്ിയ തർശമാണേ ജനനിഹ്യതിഷ്ടതർര വീര്യുൽ ഘോരാമായ ശിശോർദ ഭഗവാൻ പ്രപിഢി സമം റോഷസമന് മടിയിലെടുത്തു വെച്ചു ആ നല്ല കുലത്തില് ജനിച്ച സ്ത്രീയെ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് അവളുടെ കയ്യില് കൊടുത്ത് യശോദവും മറ്റുമൊക്കെ അവൾന്ന് പോയി ഇവള് മടിയിലെടുത്തു വെച്ച് സമയം നോക്കി പാല് കൊടുക്കാൻ സ്ഥലത്തോട് ചേർത്തുവെച്ച് ഭഗവാൻ അങ്ങനെ കൈ പിടിച്ചു ഒരു ഗുരു അനുഗ്രഹിക്കുമ്പോ പല വിധത്തിലാണ് ദീക്ഷ ദീക്ഷ എന്ന് വെച്ചാൽ ഏതെങ്കിലും മന്ത്രം ചെവിയിൽ ഉപദേശിക്കലല്ല ദീക്ഷ ചിത് ശക്തി ദീക്ഷ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ജ്ഞാനികൾ നമ്മളെ ഒരു നോട്ടം നോക്കിയാൽ ആ ദൃഷ്ടി നമ്മളുടെ മേലെ വീഴുന്നത് ചിലപ്പോൾ അത് പ്രവർത്തിക്കും ചിലപ്പോ അവരെന്തെങ്കിലും ഒക്കെ ഉപദേശിച്ചാൽ അതിലൂടെ പ്രവർത്തിക്കും ചിലപ്പോൾ അവരെ നമ്മളെക്കുറിച്ച് സ്മരിച്ചാൽ മതി പ്രവർത്തിക്കും ചിലത്ാദമെടുത്ത് ശിരസിൽ വയ്ക്കും അതിന് പാദതീക്ഷ ശിവഭക്തന്മാർക്കൊക്കെ അങ്ങനെയാണ് ഭഗവാനെ പാദതീക്ഷ കൊടുത്തു ചില സ്ഥലത്ത് കൈ ശിരസിൽ വയ്ക്കും അപൂർവം ചില കേസുകളിൽ കൈ നെഞ്ചിൽ വയ്ക്കും അത് ഹൃദയഗ്രന്ഥി ഭേദം എന്നാണ് പറയാം ഹൃദയഗ്രന്ഥിയുടെ സ്ഥാനത്ത് തന്നെ ഹസ്തം വയ്ക്കുക ഇതൊക്കെ യോഗികൾ ചെയ്യുന്ന സമ്പ്രദായങ്ങളാണ് അപ്പൊ ഹൃദയഗ്രന്ഥി എന്ന് വെച്ചാൽ എന്താ അഹങ്കാരം അഹങ്കാരം ഒളിഞ്ഞിരിക്കുന്ന സ്ഥാനത്തിനെയാണ് ഹൃദയഗ്രന്ഥി എന്ന് പറയണത് അഹങ്കാരം എവിടെ ഒളിഞ്ഞിരിക്കണു എല്ലാവരും അവരവരെ കുറിച്ച് പറയുമ്പോ എപ്പോഴും നോക്കിക്കൊള്ളാം ലോകത്തിൽ എവിടെ വേണമെങ്കിൽ ചെന്ന് എല്ലാരും ഞാൻ എന്ന് പറയുമ്പോ ഇങ്ങനെ കാണിക്കും അല്ലേ ഒരാളും ഇതുവരെ ഞാൻ എന്ന് പറഞ്ഞ് തലയിൽ തൊട്ട് കണ്ടിട്ടുണ്ടോ ഞാൻ എന്ന് പറഞ്ഞ് മുതുക തൊട്ട് കണ്ടിട്ടുണ്ടോ വേറെ എവിടെങ്കിലും ഭാഗത്ത് തൊട്ട് കണ്ടിട്ടുണ്ടോ ഞാൻ എന്ന് പറഞ്ഞ് മെനക്കെട്ട് ലോകത്തിൽ ഏത് സ്ഥാനത്ത് പോയാലും കൈ പൊന്തിച്ചുകൊണ്ട് വന്ന് ഹൃദയസ്ഥാനത്ത് വെക്കും ഇതാണ് ഹൃദയഗ്രന്ഥിസ്ഥാനം എന്ന് പറയണത് ആ ഹൃദയഗ്രന്ഥിസ്ഥാനത്ത് ചിലപ്പോൾ യോഗികൾ കൈ വയ്ക്കും രാമകൃഷ്ണ പരമോംസർ വിവേകാനന്ദൻ എങ്ങനെ ചെയ്തു എന്നൊക്കെ കഥയുട്ടോ പക്ഷേ പൂതനെ എന്തു വാക്യം ചെയ്തു അറിയില്ല ഭഗവാൻ ഹൃദയഗ്രന്ഥിസ്ഥാനത്ത് കൈയല്ല വെച്ചത് വായവച്ചു അവളുടെ പാലുകുടിക്കാതെ എന്ന വ്യാജേന് അവളുടെ ഹൃദയഗ്രന്ഥിസ്ഥാനത്ത് ഭഗവാൻ വായവച്ചു പാലു കുടിക്കുന്നു സാ മുഞ്ച മുഞ്ചുമുഞ്ച അലമിതി പ്രഭാഷിനി നിഷ്പീഢ്യമാണ് അഖിലജീവമർമ്മണി േത്രേ ചരണോ ഭുജോ മുഹു പ്രസിന്നിപതീരുദ മുഞ്ച അലം അലം അലം ഇതി പ്രഭാഷണി ഓക്കെ ഇതാണ് ഭഗവാൻ നമുക്ക് മുക്തി തരാനുള്ള കാരണം ഈ ശ്ലോകത്തിലെ സാമാന്യ അർത്ഥം നോക്കിയാൽ ഭഗവാൻ അവളുടെ പ്രാണനെ തന്നെ വലിക്കുക പാല് കുടിക്കുന്നതോടൊപ്പം പാൻ പ്രാണനെ തന്നെ വലിച്ചെടുക്കുമ്പോൾ എന്നെ വിടു വിടൂ വിടൂ വിടൂ നിലവിളിക്കണ പോലെ മുഞ്ചെന്നുവെച്ചാൽ വിടു അലം മതി മതി മതി പക്ഷെ സൂക്ഷ്മമായി നോക്കുമ്പോൾ ഭഗവാന്റെ അംഗസ്പർശമേറ്റതോടുകൂടെ അവൾക്ക് ലോകത്തിലുള്ള ജീവിതമൊക്കെ മതി എന്നാൽ ഭഗവാനോട് മുൻജ എനിക്ക് മുക്തിക്കുള്ള വഴി കാണിച്ചു തരൂ എന്ന് ഈ ലോകത്തിൽ നിന്ന് പിടിപെടും മതി എനിക്ക് ജീവിച്ചത് മതി ഭഗവാനെ ഇനിയും തിരിച്ചു ചെന്നാൽ കംസൻ അവരെയും ഇവരെയും കൊല്ലാൻ പറഞ്ഞിരിക്കുക എനിക്ക് ചെയ്യാതിരിക്കാനൊന്നും വൃത്തിയില്ല അതുകൊണ്ട് അലം അലം അലം അലംന്ന് വെച്ചാൽ മതി എന്നർത്ഥം എത്ര നല്ലവരാണോ ചീത്തയാളാണോ എന്നുള്ളതല്ല മുഖ്യം ഭഗവാന്റെ മുമ്പിൽ പോയി ആര് അലം മുഞ്ച ഇത് രണ്ടും പറയുന്നുവോ അവർക്ക് മുക്തിയാണ് അലം എന്നുവെച്ചാൽ എന്താർത്ഥം ഭഗവാനെ എനിക്ക് ലോകത്തിൽ കിട്ടിയതൊക്കെ മതി അനുഭവിച്ചതൊക്കെ മതി ഭഗവാനെ മുൻജ മുഞ്ച എന്നെ സ്വതന്ത്രനാക്കൂ രണ്ടു പ്രാർത്ഥന അലം എന്ന് പറയാതെ മുൻജ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ചെയ്യില്ല എന്താന്ന് വെച്ചാൽ ഇനി അനുഭവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടേ പലതും ചെയ്യണം നല്ലതോ ചീത്തയോ ചെയ്യാനുള്ള ആഗ്രഹം ബാക്കിയുള്ളത്തോളം കാലം നല്ലത് ചെയ്യണമെങ്കിൽ നല്ലത് ചെയ്യൂ പുണ്യം സമ്പാദിക്കൂ സ്വർഗത്തിലും എവിടെയെങ്കിലും ഒക്കെ പോയി കുറച്ചു ദിവസം താമസിക്കൂ പാപം ചെയ്ത് പാപം ചെയ്തോളൂ നര ദുരിത അനുഭവം കൊടുക്കുക അനുഭവിക്കാം ഇത് രണ്ടും ചെയ്യാം വാസനകളത്തോളം കാലം ഭഗവാൻ നമ്മളെ കൽപ്പിച്ചുകൊണ്ടിരിക്കും അലം അലം എന്ന് പറയുകയാണെങ്കിൽ പൂതനെയാണെങ്കിലും മുക്തി നട അലംന്ന് വെച്ചാലോ മതി ഇനി എനിക്ക് തിരിച്ചുപോയി ദുരിതം അനുഭവിക്കേണ്ട സംസാര ജീവിതം മതിയായി ചെയ്തതൊക്കെ എത്രയോ ദുരിതകർമ്മങ്ങൾ ചെയ്തു അതിന്റെ ഒക്കെ ഫലം ഇനി അനുഭവിക്കാം ഭഗവാനെ എനിക്ക് വയ്യ ഭഗവാന്റെ അംഗസ്പർശമേറ്റതോടുകൂടെ മുഞ്ച മുഞ്ച മുഞ്ച അലവലവലമിതി പ്രഭാഷിണി എനിക്ക് മുക്തിക്കുള്ള വഴി കാണിച്ചു തരൂ ഭഗവാനെ അത് ഹൃദയത്തില് അപ്പോ ഭഗവാനോ നിഷ്പീഢ്യമാണ് അവളെ പീഡിപ്പിക്ക പീഡിപ്പിക്കുന്നത് എവിടെയാ അഖില ജീവമർമ്മണി ജീവൻ ജീവൻ എന്ന് വെച്ചാൽ സൂക്ഷ്മ ശരീരം എന്ന് വെച്ചാൽ മനസ്സ് എത്രയോ ജന്മങ്ങളായി ശേഖരിച്ചു വച്ചിരിക്കുന്ന കർമ്മ പ്രാരബ്ധം വാസനകള് അനുഭവിക്കാനുള്ളതൊക്കെ ശേഖരിച്ചു വെച്ച് ആ മൂട്ടയും തൂക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ബാണ്ഡവും വഹിച്ചുകൊണ്ട് നിൽക്കുന്ന അഹങ്കാരത്തിലാണ് ജീവൻ എന്ന് പറയണത് ബാണ്ഡം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന അഹങ്കാരത്തിലാണ് ജീവൻ എന്ന് പറയണത് ആ ജീവൻ എവിടെക്കെ ഒളിഞ്ഞുകിടക്കുന്നു മനസ്സിൽ ഒളിഞ്ഞുകിടക്കുന്നു ബുദ്ധിയിൽ ഒളിഞ്ഞുകിടക്കുന്നു ശരീരത്തിൽ ഒളിഞ്ഞുകിടക്കുന്നു ഇന്ദ്രിയങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്നു ഇതൊക്കെ അതിന്റെ മർമ്മസ്ഥാനങ്ങളാണ് അഹങ്കാരത്തിന്റെ മർമ്മസ്ഥാനങ്ങളാണ് ഇതൊക്കെ ഈ മർമ്മസ്ഥാനങ്ങളിലൊക്കെ പീഡിപ്പിച്ചു എന്നാണ് വാസന എവിടെയൊക്കെ ഒളിഞ്ഞുകിടക്കുന്നുവോ അവിടുന്നൊക്കെ ഭഗവാൻ അതിനെ വലിച്ചെടുത്തു സഖ്യം എന്നാണ് ഭഗവാൻ അതിനെയൊക്കെ തന്നെ തന്നിലേക്ക് ആകർഷിച്ചു അതാണ് നിഷ്പീഢ്യമാണ അഖില ജീവമർമ്മണി വിവൃത്യേത്രെ കണ്ണുരണ്ടും പുറന്തള്ളി ചരണവും ഭുജവും പ്രസന്ന ഗാത്രിപതിരുക്കെ നിലവിളിച്ചുകൊണ്ട് ബൃഹദാകാരമായിട്ട് അവളവിടെ വീണു മരം വെട്ടിയിട്ട പോലെ തടി വെട്ടിയിട്ട പോലെ വലിയ ശരീരമായിട്ട് പൂതലെ അവിടെ വീണു അവളുടെ യഥാർത്ഥ ശരീരത്തില് ഗോപന്മാരൊക്കെ ഈ ശബ്ദം കേട്ട് എല്ലാവരും കയ്യിലൊരോ വടിയും കൊണ്ടു വരികയാണ് പൂതനം വന്നിരിക്കുന്നു നന്ദ്രഗോപുരം എല്ലാവരും വന്നു വരുമ്പോ ആ ബൃഹതായ ആ വലിയ ശരീരത്തില് കൊച്ചുകുട്ടി സ്ഥലത്തില് നെഞ്ചിലങ്ങനെ ഇരിക്കുന്നുണ്ട് വലിയൊരു മലയിൽ ചെന്ന് തെരഞ്ഞൊരു നീലരത്നം പറക്കൊണ്ടുവരുന്ന മാതിരി ഗോപസ്ത്രീകൾ പൂതനയുടെ ശരീരത്തിൽ നിന്നും കണ്ണനെടുത്തു ഭഗവാന്റെ കൃപ കൊണ്ട് കുട്ടി രക്ഷപ്പെട്ടു ഈ പൂതല വന്നിട്ട് കുട്ടി മരിച്ചില്ലല്ലോ ഇവളെ എത്ര പേരോ കൊന്നവളാം ഭഗവാന്റെ കൃപ എന്ന് പറഞ്ഞ് ഓരോ ഗോപസ്ത്രീയായി എടുത്ത് ചുംബിച്ചു അതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വച്ചാൽ ഒരു കരുത്ത അനേകം സ്വർണ പുഷ്പങ്ങളിലേക്ക് മാറി ഇരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ഗോപസ്ത്രീകൾ ഓരോരുത്തരായി കണ്ണനെടുത്തും കുട്ടിക്ക് ഗോപപൂത്രം കൊണ്ട് സ്നാപനം ചെയ്ത് द्वादश रक्षा अव्याद ബാലരക്ഷാമന്ത്രം ജവിച്ഛനങ്ങൾ ഭഗവാൻ രക്ഷജിച്ഛ അവ്യോന്ധ്രിമണിമാൻ തവചന്വത്തോ യജ്ഞോത ജടരം ഹയസ്യൃത്കേശവ ം ഇതൊക്കെ നമ്മൾ കൊച്ചുകുട്ടികളെ രക്ഷ ജപിക്കാനായിട്ടും മറ്റുമൊക്കെ ഈ ബാലരക്ഷാ മന്ത്രം ജപിച്ച് അതിനോടുകൂടെ കേശവ നാരായണ മാധവ ഗോവിന്ദ വിഷ്ണു മധുസൂദന ത്രിവിക്രമ വാമന ശ്രീധര ഋഷികേശ പത്മനാഭ ദാമോദര എന്ന നാമങ്ങൾ കൊണ്ട് ഭഗവാന് അംഗങ്ങളില് രക്ഷ ജപിച്ച് ഭഗവാന്റെ നാമം ഭഗവാനെ രക്ഷ ഭഗവാന്റെ നാമം കൊണ്ട് ഭഗവാന് തന്നെ രക്ഷ ജപിച്ചു കുട്ടിക്കൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഭഗവാനോട് അങ്ങനെ പൂതനയുടെ ശരീരം അവര് അഗ്നി വെക്കുമ്പോ തീവയ്ക്കുമ്പോ അതിൽ നിന്നും അതീവ ദിവ്യമായ ഒരു സുഗന്ധം അവിടെയൊക്കെ പടർന്നു ഭഗവത് അംഗസ്പർശം കൊണ്ട് പൂതനയുടെ അംഗം പോലും പവിത്രമായിട്ട് തീർന്നു പൂതനാമോക്ഷം പൂതനാവധം എന്ന് നമ്മൾ പറയുന്നില്ല പൂതനാമോക്ഷം അങ്ങനെ പൂതനയെ ഭഗവാൻ അനുഗ്രഹം ചെയ്തു ഒരിക്കൽ കുട്ടിയെ കണ്ണനെ കുട്ടികളുടെ ഒക്കെ രക്ഷയിൽ വിട്ടിരിക്കുക ഗോപ കുട്ടികളൊക്കെ ചുറ്റും വന്നിരിക്കുന്നുണ്ട് നക്ഷത്രമാണ് അന്നത്തെ ദിവസം യശോദ അടുക്കളയിലും മറ്റും തിരക്കായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയം വശന്നിട്ട് കണ്ണൻ ഇങ്ങനെ കാലിട്ട് അവിടെ ഒരു ശകടം ഒരു വണ്ടി ആ വണ്ടിയുടെ രൂപത്തിൽ ഒരു അസുരൻ ഭാഗവതം അസുരൻ എന്ന് പറഞ്ഞില്ല ശകടം ശകടം വിപാട്ടിതം ശകടാസുരഭഞ്ചനൻ എന്ന് ഭഗവാന് നാമം ആ ശകടത്തിലെ കാല് സ്പർശിച്ചതും ആ വണ്ടി പൊട്ടി ചവിട്ടല് വീണു ശബ്ദം കേട്ട് എല്ലാവരും ഓടി വന്നു ഇതെന്തു സംഭവിച്ചു ആ ഈ കണ്ണനാണ് കാല് ഒന്ന് കൊതറിയത് ആ കാല് ഈ വണ്ടിയില് ഏറ്റതോടുകൂടി ഈ വണ്ടി പൊട്ടി വീണു ആരും വിശ്വസിച്ചില്ല ഈ കൊച്ചുകുട്ടി ചവിട്ടിയത് വണ്ടി പൊട്ടുവോ അതുകൊണ്ട് ആരും ധരിച്ചില്ല അപ്രമേയമ്പലന്തസ്യ തേ വിദു ഈ ബാലന്റെ അപ്രമേയക്കാംവയാത്തതായ ബാല